മനുഷ്യർക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ നേരിടുമ്പോൾ അവർ തങ്ങളുടെ രക്ഷിതാവിങ്കിലേക്കും മടങ്ങി പ്രാർത്ഥിക്കുന്നു പിന്നീട് അവൻ അവർക്ക് തന്റെ കാരുണ്യത്തിൽ നിന്ന് അല്പം രുചിപ്പെടുത്തിക്കൊടുത്താൽ അവരിലൊരു വിഭാഗം തങ്ങളുടെ രക്ഷിതാവിനോടൊപ്പം പങ്കുകാരെ ചേർക്കുന്നു